ഭഗവാന്റെ പരമകൃപ കൊണ്ട് നടന്നു വരുന്ന ഈ നാരായണീയ സപ്താഹം ഇന്ന് ഉച്ചയോടുകൂടെ മംഗളമായി പര്യവസന പര്യവസാനിക്കാൻ പോവാണ് ഭാഗവതത്തിൽ രാമാവതാരം പറയുമ്പോൾ പറഞ്ഞു ശ്രീരാമചന്ദ്രൻ ഭൂമിയിൽ അവതരിച്ച് തന്റെ പാദത്തിനെ ഭക്തന്റെ സ്വരൂപത്തിനെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ വെച്ചിട്ടും അറിഞ്ഞു അതുപോലെ സപ്താഹം കഴിയുമ്പോ ഭാഗവതം അഥവാ നാരായണീയം നമ്മളുടെ ഹൃദയത്തിൽ ഇരിക്കാം ഇന്ന് നമ്മളെ ആരംഭിക്കുമ്പോ വളരെ വയസ്സായൊരമ്മ അമ്മക്ക് ചെവി കേക്കോ പറഞ്ഞാ കേക്കോ ഉം കേ തൊണ്ണൂറ്റിയൊമ്പത് വയസ്സായ ഒരു അമ്മ സംശയം ചോദിച്ച് എഴുതി തന്നിട്ടുണ്ട് നല്ല ഒരു സംശയം മഹാഭാരതത്തിൽ നിന്നുള്ള സംശയാണ് നമ്മക്ക് കേക്കണ്ടോ കേക്കുണ്ടോ മഹാഭാരതത്തിൽ നിന്നുള്ള സംശയാണ് താനാൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന് രാമായണത്തില് പറയുന്നുണ്ട് അവരവരുടെ കർമ്മത്തിന്റെ ഫലം അവരവർ അനുഭവിക്കണം ഇത് മാറ്റാൻ പറ്റാത്ത ഒരു നിയമമാണ് കർമ്മം എന്ന് വെച്ചാൽ വാസന തന്നെയാണ് കർമ്മം കർമ്മം തന്നെയാണ് വാസന കർമ്മത്തിൽ നിന്ന് വാസനയും വാസനയിൽ നിന്ന് കർമ്മവും എന്ത് കർമ്മം ചെയ്താലും വാസന ഉണ്ടാവണോ അതുകൊണ്ട് ബന്ധിക്കപ്പെടുന്നു അതിന്റെ ഫലം അനുഭവിച്ചേ നോക്കൂ അപ്പൊ ഇതാണ് നിയമം ഇങ്ങനെ ഇരിക്കെ മഹാഭാരതത്തിൽ ധൃതരാഷ്ട്ര കുരുടനായി പിറന്നത് അച്ഛനമ്മമാരുടെ കർമ്മഫലം കൊണ്ടാണ് എന്ന് പറയുന്നു അതായത് വ്യാസമഹർഷിയെ അംബിക കണ്ണടച്ചു സ്വീകരിച്ചത് മകൻ കുരുടനായിട്ട് ജനിച്ചത് എന്നും പറയുന്നു അതിന്റെ തത്വം ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാം എന്നാണ് ആദ്യത്തെ ചോദ്യം ചേർന്നത് ഈ കഥ എല്ലാവർക്കും അറിയുന്നതാണ് മഹാഭാരതം ലോകമാണ് മഹാഭാരതം അടുത്ത ചോദ്യം ഇതിനേക്കാളും നല്ലൊരു ചോദ്യം ആദ്യത്തെ ചോദ്യത്തിന് ചുരുക്കമായിട്ടൊന്ന് പറയാം മഹാഭാരതം ലോകമാണ് മഹാഭാരതം എഴുതിയ വ്യാസം തന്നെ പറഞ്ഞുസ്ഥി തത് അന്യത്രേഹാസ്തി തത് ക്വചിത്ത് എന്ത് ഭാരതത്തിലുണ്ടോ അത് മറ്റുള്ള ലോകത്തിലൊക്കെ കണ്ടു എന്ന് വരാം പക്ഷേ ഭാരതത്തിൽ ഇല്ലാത്ത ഒന്നും ലോകത്തിൽ കാണാൻ പറ്റില്ല എല്ലാം അവിടെ ഉണ്ട് ധർമ്മമുണ്ട് അധർമ്മമുണ്ട് ജ്ഞാനമുണ്ട് അജ്ഞാനമുണ്ട് എല്ലാം ഉണ്ട് ഭാരതം മുഴുവൻ വ്യാസഭഗവാൻ ധർമ്മത്തിനെ ഒന്ന് വ്യാഖ്യാനിക്കാനാണ് ശ്രമിച്ചത് പക്ഷെ വ്യാസൻ തന്നെ പറയണു ഞാൻ പരാജയപ്പെട്ടു എന്ന് ധർമ്മം തലത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കണം ആളുകളെയൊക്കെ ധർമ്മപഥത്തിലേക്ക് നയിക്കണം ജനങ്ങൾ അധർമ്മം ചെയ്യാൻ പാടില്ല ധർമ്മം ചെയ്യണം എന്ന് വ്യാസഭഗവാൻ ആദ്യം വിചാരിച്ചു അതിനെന്തു വേണം ധർമ്മം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് അത് ചെയ്യിപ്പിക്കണം അധർമ്മം എന്താന്ന് പറഞ്ഞുകൊടുത്ത് അത് ചെയ്യാൻ പാടില്ലാന്ന് പറയണം അപ്പോ അത് ഒരുപാട് ഇടത്ത് ചർച്ച ചെയ്ത് മഹാഭാരതത്തിൽ എഴുതി വച്ചു എന്നിട്ട് അവസാനം വ്യാസൻ പറയണത് ഊർധ്വബാഹുരേഷ കശ്യോതിമേം ധർമാർ കാമശ്ച സർമിം സേം കൈ രണ്ടും ഉയർത്തി വെച്ചുകൊണ്ട് ഞാനിതാ ബദരീനാഥത്തിലും മലയുടെ മുകളിൽ നിന്ന് നിലവിളിക്കണം എന്നിട്ടും ആരും കേൾക്കണില്ലല്ലോ ധർമ്മത്തിനെ ആശ്രയിച്ചു കൊണ്ട് അർത്ഥകാമങ്ങളെ അനുഭവിച്ചാൽ കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ട് ധർമ്മത്തിനെ മുഖ്യമായി പിടിക്കൂന്ന് പറഞ്ഞാൽ ആരും കേൾക്കണില്ലല്ലോ ധർമ്മം പ്രസംഗാതപിന ആചരന്തി പാപം പ്രയത്നേന സമാചരന്തി ആശ്ചര്യമേതദ്ധി മനുഷ്യലോകെ അമൃതം പരിത്യജ്യ വിഷം വിബന്തി ഒരു പാത്രത്തിൽ അമൃതവും ഒരു പാത്രത്തിൽ വിഷവും അമൃതത്തിനെ തട്ടിക്കളഞ്ഞ് മെനക്കെട്ട് വിഷമെടുത്തു കുടിക്കണെന്ന് ആശ്ചര്യമാണ് ഈ ലോകം അപ്പോ വ്യാസന് അവിടെ ധർമാധർമ്മ ചിന്തയെ കുറിച്ച് കുറച്ച് ചിത്തം വിഷമിച്ചിരിക്കുമ്പോഴാണ് ഭാഗവതം എഴുതേണ്ടി വന്നത് അതിരിക്കട്ടെ ഇപ്പോ തൽക്കാലത്തിൽ ഇവിടെ വ്യാസന് തന്നെയാണ് ഇവരുടെ ഒക്കെ കുലപരമ്പരയെ ഉണ്ടാക്കിയ ആള് ഈ മഹാഭാരത യുദ്ധത്തിൽ സത്യം പറഞ്ഞാൽ ശ്രീകൃഷ്ണനെ എങ്ങനെ സ്ഥാനം കൊണ്ടോ അതേപോലെ വ്യാസനും സ്ഥാനം വ്യാസന്റെ കുടുംബമാണ് ഇത് അല്ലാതെ വേറെ ആരുടെയും കുടുംബമല്ല ദുര്യാദ ദുര്യോധനാദികളൊക്കെ വ്യാസന്റെ കുടുംബമാണ് വ്യാസന്റെ പേരക്കുട്ടികളാണ് വ്യാസന്റെ പുത്രനാണ് ധൃതരാഷ്ട്ര വ്യാസന്റെ ആണ് ബീജം അതാണ് വ്യാസായ വിഷ്ണുരൂപായ വ്യാസായ രുദ്ര രൂപായ എന്നാണ് ഒരു വിധത്തിൽ പറയേണ്ടത് എന്താന്ന് വെച്ചാൽ നശിക്കാൻ വേണ്ടതൊക്കെ വ്യാസന്റെ ബീജത്തൊന്നും ഉണ്ടായി സംഹാ സംസാരനാശം ലോകക്ഷയം കാലോസ്മി ലോകക്ഷയകൃപ്രവൃത്ത കൃഷ്ണൻ എങ്ങനെ പറഞ്ഞു അതേപോലെ വ്യാസനെയും പറയണു വ്യാസനാണ് ഇതിന് ഒരു വിധത്തിൽ മൂല കാരണം ഋഷി പിതാവായി കിട്ടിയിട്ടും എന്തുകൊണ്ട് ആ പരമ്പര അങ്ങനെ ദുഷിച്ചു എന്ന് വെച്ചാൽ എത്ര തപസ്വിയായ പിതാവാണെങ്കിലും ഒരു വശത്ത് തപസിന്റെ ശക്തി പക്ഷെ സ്വീകരിച്ചവരുടെ മനസ്സ് തികച്ചും വിമിഷ്ടത്തോടുകൂടെയാണ് സ്വീകരിച്ചത് അതിനനുസരിച്ച് ഫലം തികച്ചും വിമിഷ്ടത്തോടുകൂടെ വ്യാസനെ വ്യാസൻ ബ്രഹ്മമാണ് ബ്രഹ്മത്തിന് തൻ്റെതായ ഒരു സ്വഭാവമോ സ്വരൂപമോ ഒന്നുമില്ല നല്ലത് ചീത്ത ഒന്നും ബ്രഹ്മത്തിലില്ല ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ ബ്രഹ്മമാണ് ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ ഒരാളല്ല ബ്രഹ്മമാണ് ബ്രഹ്മവി ബ്രഹ്മൈവ ഭവതി വ്യാസായ വിഷ്ണുരൂപായ അതാണ് വ്യാസൻ ഭഗവാനാണ് അപ്പൊ വ്യാസന് നല്ലതുമില്ല വ്യാസന ചീത്തയുമില്ല ജ്ഞാനികൾ കണ്ണാടി പോലെയാണ് അവരുടെ മുമ്പിൽ ഒരാള് പരമദുഷ്ടനായി വന്നിരുന്നാൽ ആ ദുഷ്ടത കണ്ണാടിയിൽ പ്രതിബിംബിക്കും നല്ല മനുഷ്യർ വന്നിരുന്നാൽ ആ നന്മ അവരുടെ മുമ്പിൽ പ്രതിബിംബിക്കും അവർക്കായിട്ടൊന്നുമില്ല അപ്പൊ വ്യാസഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ഏ യഥാമാം പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യഹം എന്ന് കൃഷ്ണൻ പറഞ്ഞല്ലോ ആ കൃഷ്ണൻ തന്നെയാണ് വ്യാസൻ അംബികയുടെ അടുത്തേക്ക് വ്യാസഭഗവാൻ പോയി കണ്ണടച്ചു പിടിച്ചുകൊണ്ട് വെറുപ്പോടുകൂടെ വ്യാസനെ നോക്കി അതായത് വ്യാസഭഗവാൻ സംഗമത്തിന് വന്നപ്പോ നോക്കണം ഇതൊക്കെ മഹാഭാരതത്തിലെ ചില തത്വങ്ങളൊക്കെ അത് കാണണം പുത്രോത്പത്തി എന്ന് പറയുന്നത് നല്ലതുമല്ല ചീത്തയുമല്ല ഋഷികളുടെ സമ്പ്രദായത്തിൽ പുത്രോദ്ഭവം എന്ന് പറയുന്നത് ലോകമംഗളത്തിന് വേണ്ടിയിട്ട് പുത്രന്മാരും നിവൃത്തിയില്ല പുത്രനോ പുത്രിയോ പക്ഷെ ഉണ്ടാവുന്നത് ലോകത്തിനും മംഗളത്തിനായിരിക്കണം എന്നൊറ്റ ഉദ്ദേശമേ ഉള്ളൂ കാമത്തിന് വേറെ ഒരു പ്രയോജനവും എന്നാണ് ഋഷികൾ അല്ലാതെ വേറെ ഒറ്റ പ്രയോജനവും ആ കാപം മൃഗങ്ങളിലും മറ്റുമൊക്കെ തന്നെ ശരീരത്തിന്റെ തലത്തിൽ നിൽക്കണ പോലെ ഋഷികളിലും ശരീരത്തിന്റെ തലത്തിൽ മാത്രം നിൽക്കും അവർക്ക് മാനസിക വ്യാപാരമേ ഉണ്ടാവില്ലേ അങ്ങനെയാണ് വ്യാസാദികൾ ഈ നിയോഗം ചെയ്യണത് അങ്ങനെ നിയോഗത്തിന് വ്യാസഭഗവാനെ ഏൽപ്പിച്ചു അമ്മ സത്യവതി പറഞ്ഞു ശരി അങ്ങനെ അംബികയുടെ അടുത്ത് ചെന്നപ്പോ കണ്ണടച്ചു പിടിച്ചുകൊണ്ടായി എന്തോ ഒരു ഘോരസത്വത്തിനെ കാണുന്ന പോലെ ആ ഘോരഭാവം ഉള്ളിൽ വെച്ചുകൊണ്ട് കണ്ണടച്ചു പിടിച്ചു ണം എന്ത്കാരത്തോടുകൂടെ ബ്രഹ്മത്തിനെ സമീപിക്കുന്നു ആ വികാരം സത്യമായി പ്രകാശിക്കും അതാണ് നിയമം ഏത് ഭാവത്തിനെ വെച്ചുകൊണ്ട് ബ്രഹ്മധ്യാനം ചെയ്യുന്നു ആ ഭാവം പ്രകാശിക്കും ഇവൾ അറപ്പോടുകൂടെയും ദ്വേഷത്തോടുകൂടെയും അനേക വികാരം നമുക്ക് ഊഹിക്കാം ആ സ്ത്രീയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവുന്നു വ്യാസൻ മുമ്പിൽ വന്ന് നിന്നപ്പോൾ ആ ഭാവത്തോടുകൂടെ പൂർണ്ണ ബ്രഹ്മരൂപമായി വ്യാസനെ സമീപിച്ചപ്പോൾ കണ്ണടച്ചു പിടിച്ചതിന്റെ ഫലമായിട്ട് കുരുടനായിട്ടും അനേക കോംപ്ലക്സസ് ജടിലതകൾ ഉള്ളില അതിന്റെ ഫലമായിട്ട് അനേക ജടിലതകളുള്ളവനും ആയിട്ടുള്ള ധൃതരാഷ്ട്രം ജനിച്ചു മറ്റേ അമ്മ വിളറിക്കൊണ്ടു സമീപിച്ചു പാണ്ഡു ജനിച്ചു ദാസി പെണ്ണിന് വ്യാസന്റെ മഹത്വം അറിയാം വ്യാസന്റെ മഹത്വം അറിഞ്ഞ് പരമാത്മബുദ്ധിയോടുകൂടെ തന്നെ വ്യാസഭഗവാനെ നമസ്കരിച്ചു പൂജിച്ചുകൊണ്ട് സമീപിച്ചപ്പോ പരമജ്ഞാനിയായി വിദുരർ ജനിച്ചു ഇതിൽ വ്യാസന്റെ അംശം ഒന്നുമില്ല ചൈതന്യം മാത്രം വ്യാസന്റെ മനസ്സൊക്കെ ഈ സ്ത്രീകളുടെയാണ് ഉണ്ടായ പുത്രന്മാരിൽ ആ ജീവാംശം മാത്രമേ വ്യാസൻ കൊടുത്തുള്ളൂ ബ്രഹ്മജ്ഞാനികൾക്ക് ജീവാംശമല്ലാതെ മനസ്സ് കൊടുക്കാനില്ല ഒരു അച്ഛന്റെ മനസ്സും അമ്മയുടെ മനസ്സും ചേർത്തി ആ കുട്ടികളെ ഉണ്ടാക്കണതേ അപ്പോ ഇവിടെ വ്യാസൻ ജീവാംശം മാത്രമേ കൊടുത്തുള്ളൂ മനസ്സ് മുഴുവൻ ഈ മൂന്ന് സ്ത്രീകളുടെയുമാണ് ദാസിക്ക് ഭക്തിയുടെ അംശം ഉണ്ടായിരുന്നതുകൊണ്ട് വിതുരൻ അങ്ങനെ ജനിച്ചു അംബികയ്ക്കും അമ്പയ്ക്കും അതുപോലെ മനസ്സുണ്ടായിരുന്നതുകൊണ്ട് അതുപോലെയുള്ള കുട്ടികളും ജനിച്ചു ഇതാണ് അതിന്റെ പുറകിലുള്ള കാര്യം ഇനി അടുത്തത് അമ്മ ഒരു നല്ല ചോദ്യം ചോദിച്ചു ഗാന്ധാരി പാണ്ഡുവിന്റെയും എഴുതിണ്ട് അല്ല ധൃതരാഷ്ട്രരെ ധൃതരാഷ്ട്രരെ ധൃതരാഷ്ട്രരുടെ ഗുണഗണങ്ങൾ കേട്ടിട്ട് അദ്ദേഹത്തെ മനസ്സാവരിച്ചു അല്ല ധൃതരാഷ്ട്രരെ വരിച്ചു വിവാഹം കഴിച്ചു ധൃതരാഷ്ട്രരെ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചപ്പോ പുരുഷൻ കുരുടനാണെന്ന് അറിഞ്ഞതുകൊണ്ട് താനും ഒരു കണ്ണ് തുണികൊണ്ട് കെട്ടി ഭർത്താവിനെ അനുസരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കൈതവധർമ്മെന്ന് പറയണത് അമ്മയ്ക്ക് ഇവിടെ തന്നെ സംശയം ഈ സ്ത്രീ കണ്ണു കെട്ടാതിരുന്നുവെങ്കിൽ ഭർത്താവിനെ വഴി നയിക്കാമായിരുന്നുവല്ലോ എന്നാണ് ഭഗവത്ഗീതയെ മുഴുവൻ അങ്ങനെ താത്വികമായി വ്യാഖ്യാനിക്കാം അമ്മ ചോദിക്കുന്നത് അതാണ് ഭർത്താവിന് കണ്ണു കാണാൻ വയ്യ ഭാര്യ എന്ത് വേണം കണ്ണു കാണാൻ വയ്യാത്ത ഭർത്താവിനെ കൈവിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി സഹായിക്കണം അതിനു പകരം ഭാര്യയും കണ്ണു എന്താവും ഇതാണോ പതിവ്രതയുടെ ധർമ്മം എന്നാണ് നല്ല ചോദ്യം അതാണ് ധർമ്മത്തിനെ അബദ്ധമായിട്ട് ധരിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന അബദ്ധമാണ് ആ കുടുംബം മുഴുവൻ ഉണ്ടായത് ജ്ഞാനത്തിന് ജനിക്കുന്ന കുട്ടികളാണ് ഈ പഞ്ചപാണ്ഡവർ ധൃതരാഷ്ട്രർ എന്ന് വെച്ചാൽ ജീവൻ അജ്ഞാനിയായ ജീവൻ ധാർത്തം രാഷ്ട്രം തന്റേതല്ലാത്ത രാഷ്ട്രത്തിനെ തന്റേതെന്ന് ധരിക്കുന്നവൻ ശരീരാഭിമാനിയായ ജീവനാണ് ധൃതരാഷ്ട്രൻ ആ ജീവന് സ്വയമേവ കണ്ണില്ല അജ്ഞാനം കൊണ്ട് അകത്തേക്കും പുറത്തേക്കും കണ്ണില്ല എന്നാൽ വഴി കാണിക്കേണ്ട ബുദ്ധിയുണ്ടല്ലോ ആ ബുദ്ധിയാണ് ഗാന്ധാരി ആ ഗാന്ധാരി തന്റെ കണ്ണ് സ്വയമേവ കെട്ടി അങ്ങനെ ഗാന്ധാരി കണ്ണടച്ച് കെട്ടിയതോടുകൂടെ അങ്ങനെയുള്ള അജ്ഞാനിയായ ജീവന് ജനിക്കുന്ന നൂറ്റിക്കണക്കിന് ആശകളാണ് ഈ കൗരവർ മുഴുവൻ വഴി കാണിക്കേണ്ട ഗാന്ധാരി തന്റെ കണ്ണ് കെട്ടിയത് കൊണ്ട് ഈ നൂറ്റിക്കണക്കിന് കുട്ടികളെ ഇങ്ങനെ വഴി പിഴച്ചുപോയി കുന്തിദേവി തന്റെ ധർമ്മം കുന്തിദേവി നല്ല അമ്മയായിരുന്നു ഗാന്ധാരി ഭാര്യയായിരുന്നു അമ്മ എന്നുള്ളതിനെക്കാളും കൂടുതൽ ഗാന്ധാരി ഭാര്യയായിരുന്നു കുന്തി ദേവി അതിന്റെ ഫലമാണ് മക്കൾ അങ്ങനെ ഭാര്യ മാത്രമായിരുന്നതുകൊണ്ട് നമ്മളപ്പോ നമ്മളുടെ ആധുനിക സംസ്കാരത്തിൽ മാതൃത്വം വേണമോ ഭാര്യാത്വം വേണമോ ഒന്നും നിരൂപിക്കണം മാതൃത്വം സ്ത്രീക്ക് ജന്മനാബുള്ളതാണ് ഭാര്യാത്വം വന്നിട്ട് പോണതാണ് അപ്പൊ മാതൃത്വം യാവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത എന്നാണോ പറഞ്ഞത് അല്ലാതെ ഭാര്യാരൂപേണ സംസ്ഥിത അല്ല മാതൃരൂപയാണ് മാതൃത്വത്തിലേക്കുള്ള ഒരു വഴി മാത്രമാണ് ഭാര്യാത്വം പത്നിത്വം അപ്പൊ ഗാന്ധാരി ഒരു ഭാര്യയായിരുന്നു കുന്തി ഒരു മാതാവായിരുന്നു അപ്പോ അമ്മ പറഞ്ഞത് ശരിയാണ് വഴി കാണിക്കാൻ ഉള്ള ആള് ശരിക്കുണ്ടായിരുന്നുവെങ്കിൽ ഗാന്ധാരിക്ക് പിതൃഭക്തി അങ്ങനെയാണ് തുറന്നിരുന്നതെങ്കിൽ വഴി കാണിക്കുകയായിരുന്നു ഭർത്താവിന്റെ കണ്ണു മൂഴി തന്റെ കണ്ണു മൂടിക്കെട്ടാതെ അദ്ദേഹത്തിനും വെളിച്ചം പകർന്നുകൊടുക്കാമായിരുന്നില്ലേ ഇതിൽ ഭേദം എന്നാൽ പിന്നീട് ധൃതരാഷ്ട്ര ചെയ്ത അനേക ദുഷ്കർമ്മങ്ങളിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കാമായിരുന്നില്ലേ പതിവ്രതയും എല്ലാ ഗുണങ്ങളോടും കൂടിയ ഗാന്ധാരിക്ക് നൂറു ദുഷ്ടപുത്രന്മാർ പിറക്കുന്നു അതേസമയം ദാസിയായ മാലിനിയിൽ ഒരു സത്പുത്രൻ യൂത്സുവും ജനിക്കുന്നു ഇതാണ് കാര്യം അപ്പൊ അതവിടെ നിൽക്കട്ടെ നിവായിക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്ത ഭക്താസ്താവത് കലൗ സ്യൂഹി ദ്രമുവി തോ ഭൂരിശസ്തോ കാവേരീ താമ്രപർ അനുകിലമാ പുണ്യം പ്രതീചീമാേതമിംബോചിഞ്ജദ്രസം ത്യി ആശാപൈൻ നിബദ്ധ്യ ഭ്രമയ ഭഗവര ന്ഷേവാ ഏകാദശത്തില് നവയോഗി ഉപാഖ്യാനത്തില് യോഗീശ്വരൻ അവരോരോരുത്തരായി ഓരോ പ്രഭാഷണം നടത്തി ഒമ്പത് പേരും അതിൽ വരുന്നതാണ് ഈ ശ്ലോകം കലൗ ഖലു ഭവിഷ്യന്തി നാരായണ പരായണാഹ കലികാലത്തിൽ ധാരാളം ഭക്തന്മാരുണ്ടാവും അതുകൊണ്ടാണ് കലിയെ പരീക്ഷിച്ച് വധിക്കാതെ വിട്ടത് എന്ന് കലിയിൽ അങ്ങനെ ഒരു ഗുണമുണ്ട് അധികം മെനക്കെടാതെ തന്നെ ഭഗവത് പ്രാപ്തി എവിടെയൊക്കെയാ ഭക്തന്മാരുണ്ടാവും കൊച്ചിത് കൊച്ചിത്ത് അവിടെ എവിടെയായിട്ട് ഭക്തന്മാരുണ്ടാവും ദ്രവിഡേഷുചൂരിശ ദ്രാവിഡ ദേശത്തിൽ ധാരാളം ഉണ്ടാവും ദ്രാവിഡദേശം എന്ന് വെച്ചാൽ നമ്മളൊക്കെ തമിഴ്നാട് കേരളം ഈ ദക്ഷിണേന്ത്യയിലെ പല ദേശങ്ങളും ദ്രവിഡ ദേശമാണ് അതും ഏതൊക്കെ സ്ഥലത്തുണ്ടാവും എന്ന് വെച്ചാൽ ചില നദികളെ പ്രത്യേകിച്ചെടുത്തു പറഞ്ഞു കാവേരി താമ്രപർണി കൃതമാലാം പ്രതീജി കേരളത്തിലെ നദികളൊക്കെ പ്രതീജി നദികളാണ് പടിഞ്ഞാറോട്ടൊഴുകുന്നത് സഹ്യനിൽ നിന്ന് പുറപ്പെട്ട് മധ്യകേരളത്തിലൂടെ പടിഞ്ഞാട്ടം ഒഴുകി അറബിക്കടലിൽ വന്നു ചേർന്ന നദിയാണ് ഭാരതപ്പുഴ മുഖ്യമായിട്ട് ഭട്ടതിരി പറഞ്ഞു ഗുരുവായൂരപ്പ ഞാനും ഈ ലിസ്റ്റിൽ പെട്ടു എത്രയോ ഭക്തന്മാര് കാവേരി നദീ തീരത്തിലും ഭാരതപ്പുഴയുടെ തീരത്തിലുമൊക്കെ ഉണ്ടായി ഈ നദിയിലെ ജലം കുടിക്കുന്നവർക്കൊക്കെ ഭഗവത് ഭക്തി ഉണ്ടാവും ഗുരുവായൂരപ്പ ഞാനും ഈ ലിസ്റ്റിൽ പെട്ടു അവിടുത്തെ സ്വരൂപത്തിലും ഭഗവത് ഭക്തിയിലും രുചിയും ഉണ്ടായിട്ടുണ്ട് കിഞ്ചിത് അഞ്ചദ്രസം ത്വയി ആ രസം കിട്ടുന്നത് എത്രയോ ജന്മത്തിന് ശേഷം കിട്ടുന്നു അത് കുറച്ച് ഭഗവത് ഭക്തിയും ഉണ്ടായിരിക്കുന്നു ഹാ എന്നാണ് ഹാ എന്ന് വെച്ചാൽ ഒരു ആശ്ചര്യചിഹ്നം അഥവാ വിഷമം ദുഃഖം ഒക്കെ വരുമ്പോ ഹാ ഹാ ഞാനും അതിനകത്ത് പെട്ടിരിക്കുന്നു ഭഗവാനെ പരീക്ഷയിൽ പാസായവരുടെ മാർക്ക് ലിസ്റ്റ് നമ്പർ കാണാൻ പോകുമ്പോ നമ്മളുടെ നമ്പർ കണ്ട നമ്പർ കാണുമ്പോ ഒരു ആശ്വാസം വരണ പോലെ ഈ നദിയുടെ തീരത്തിൽ എന്ന് വെച്ചാൽ ഞാനും ആ ലിസ്റ്റിൽ പെട്ടു വയ്ക്കുന്നു ഹാ മാമപ്യേത അന്തർഭവം കിഞ്ചിതഞ്ജത് രസം കുറച്ചൊരു രസം ഭഗവാനെ അവിടുത്തെ പാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇനി ആശാപാശയും നിപദ്ധ്യേ വീണ്ടും ഭഗവാനെ ആശാന്ന് പറയുന്ന കയറുകൊണ്ട് എന്നെ കെട്ടിയിട്ട് ഭ്രമയന ഭഗവൻ പുരയത്വൻ നിഷേവാം ആശാപാശമാവുന്ന കയറ് ആശയാവുന്ന പാശം കയറുകൊണ്ട് കെട്ടി വീണ്ടും എന്നെ ഈ സംസാരക്കടലിട്ട് വലക്കരുത് ഭഗവാനെ പിന്നെ എന്തുവേണം ഭക്തിയെ പൂർണ്ണമാവാൻ പൂർത്തി ചെയ്യാനായിട്ട് പൂർണ്ണഭക്തി ഉണ്ടാവാനായിട്ട് അനുഗ്രഹിക്കണം എന്ന് നമുക്കൊക്കെ വേണ്ടി ഭട്ടതിരി പ്രാർത്ഥിച്ചു ഇനി ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുന്ന ഉദ്ധവഗീതയാണ്